അമാനത്തുകൾ അവയുടെ ഉടമസ്ഥർക്ക് നൽകണമെന്ന് അള്ളാഹുസുബഹാനഹുവറ്റായാലോട് കൽപ്പിക്കുന്നു ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി തീർക്കുമ്പോൾ നീതിയോടെ വിധി അവൻ കൽപ്പിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവറ്റായാല നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം എത്ര ഉത്തമമാണ് തീർച്ചയായും അള്ളാഹുസുബഹാനുഹൂവറ്റായാല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്